ലൂത്ത് അലഹിസ്സലാമിന് വിവേകവും അറിവും ഞങ്ങൾ നൽകി നീജമായ കാര്യങ്ങൾ ചെയ്തിരുന്ന ആ പട്ടണത്തിൽ നിന്ന് അദ്ദേഹത്തെ ഞങ്ങൾ രക്ഷിച്ചു തീർച്ചയായും അവർ ദുഷ്ടരും ധിഖാരികളായ ജനങ്ങളായിരുന്നു